ശ്രീമുഖി സീ സി സാശ്വസാന എസ്വി ോമിത്ലക്ഷണമ്യം ഭൂതം ഭവിഷ്യം ഓക്കാരൃ കാം തദപ്യോകാര ജ്ഞസപ്തോനവിശതിമുഖ സ്ഥൂലഭുഗൈശ്വാനര പ്രഥമപാദ സ്വപ്നസ്ഥാനോ സ്വപ്നം പശ്യത്തിനന്ദ േദോ മുഖപ്രതൃതീയ പദേശ്വരേഷനി പ്രഭവാീഭൂത ന്ദ്രം നജ്ഞം നേദ പ്രജ്ഞം ന പ്രം അദൃശ്യം അവ്യവഹാരം അഗ്രാഹ്യം അലക്ഷണം അചിന്തികാത്മ പ്രത്യസാരം പ്രപഞ്ചോ വശമം ശാന്തം ശിവം അഭിതം ചതുർത്ഥം മഞ്ഞത്തെ സ ആത്മാേയ അധിമ <Sessimus> ആപ്പി സർവാൻ കാതിഷേ സ്വപ്നസ്ഥാനത്തൈതൗക്കാരോ ദ്ധയാ മാത്ര ഉഭയത് ഉത്കർഷരി ഭവ ജാനതിഷുപ്താമകാല മാത്രമേ മാത്രോഹോപശമശു അജയിതോകാര ആത്സരി ആത്മനേദ ജ്യോതി സോ ഹി മാ ജന്മാ യുജ്യത്തെ ജാതെ അസം തസ് അതിനു വീണ്ടും ഉത്പത്തി ഉണ്ടാകില്ല ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ അത് മായമുണ്ടാണ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് ആത്മാവ് അഗ്രാഹ്യമാണ് സത്താണ് എന്നാലും അത് തന്നെ ജഗദ്രൂപത്തിൽ മായ കൊണ്ട് അനുഭവപ്പെടുന്നു മായ ജന്മയുജത ജന്മത്തെ അംഗീകരിക്കാം പക്ഷെ മായ എവിടെ സ്വീകരിക്കേണ്ടി ഇന്നത്ത് തത്വദേവ അജസ് ആത്മനോ ജന്മ പരമാർത്ഥത്തിൽ അജനായിരിക്കുന്ന ആത്മാവിന് ജന്മം സാധ്യമ ഇവിടെ ജനിച്ചതായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതാ പരമാർത്ഥമായ ആത്മാവ് തന്നെ എന്നാ പറയുന്നു രജിസപ്പോ ജഗദ്രൂപേണ ഭാസ ചെയ്യുന്നു ജഗദ്രൂപത്തിൽ ഭാസിക്കുന്നു ഇത് സതയോ ആത്മനോ സത്തായിരിക്കുന്ന ആത്മാവ് തന്നെ എന്നവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ജഗത് രൂപത്തിൽ ഭാസിക്കുന്നത് ആത്മാവ് തന്നെ ആത്മാവ് തന്നെയാണ് ജഗത് ആയി അനുഭവപ്പെടുന്നത് എന്നാണ് അതിനായിരിക്കുന്ന ആത്മാവ് എങ്ങനെ ജനിക്കുന്ന പ്രപഞ്ചമായി അനുഭവപ്പെടും അതിനവിടെ കൂട്ടിച്ചേർത്ത് മായ മായ എന്നുള്ളൊരു തത്വത്തെ സ്വീകരിച്ചാൽ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചം എന്ന് സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഒരു ഭാഗത്ത് നമ്മൾ നിഷേധിക്കുന്നു എന്താണ് ഈ ജഗത്ത് മിഥ്യയാണ് വേറൊരു ഭാഗത്ത് പറയുന്നു ഈ ജഗത്ത് ആത്മാവ് തന്നെ ഈ രണ്ട് കാര്യങ്ങളും മായ എന്ന ഒരു തത്വത്തെ അതിന്റെ മധ്യത്തിൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ് യോജിക്കുന്നത് അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ഈ ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയാം ജഗത്ത് ജനിച്ചിട്ടില്ലെന്നും പറയാം രണ്ടും പറയാം എസ്സി പുനഃഹ് പരമാർത്ഥസനും അന്നതത്വം ജഗദ്രൂപേണ ജായതെ വാദിനോ അജം ജായതെ വിരോധി മായെ സ്വീകരിക്കാതെ പറയുകയാണ് പരമാർത്ഥസത്തായിരിക്കുന്ന അജമായിരിക്കുന്ന ആത്മാവ് ജഗ്രൂപത്തിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല സ്വീകരിക്കേണ്ടി യസ് എന്ന് വെച്ച മറ്റ് തരത്തിൽ ചിന്തിക്കുന്നവർ ഈ പ്രപഞ്ചം ഈശ്വര സൃഷ്ടിയാണെന്ന് സ്വീകരിക്കുന്ന എല്ലാവരും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഈശ്വരൻ ഒരു പ്രത്യേക ഈശ്വരീയമായ ശക്തി വിശേഷത്വം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതില്ലാതെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ആരും പറയുന്നു ദ്വൈതികളും അങ്ങനെ ആചാര്യസ്വാമികൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദ്വൈതികൾ ന്യായവൈശേഷികന്മാരും മറ്റും അതിനുശേഷം വന്ന ദ്വേദികൾ ദൈതാചാര്യന്മാരും എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചത് ഈശ്വരൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈശ്വരൻ്റെ സ്വഭാവം സ്വരൂപം അതിനെ വേദത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആചാര്യന്മാർ വർണ്ണിക്കുന്നതും ഒരു അതിന് നേരെ വിരുദ്ധമായതാണ് പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നത് വിരുദ്ധമായിരിക്കുന്ന ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു ശക്തിയെ സ്വീകരിക്കുന്നു മുമ്പുള്ളവർ അതിനെ വിളിച്ചിരുന്നത് ഈശ്വരന്റെ ഇച്ഛ്വരന്റെ യത്നം ഈശ്വരന്റെ ജ്ഞാനം എന്നൊക്കെയാണ് പിന്നീടുള്ളവരതിന് ഉപയോഗിച്ചാണ് മായ പറയുന്നത് ഒരു പ്രത്യേക ശക്തി അതുകൊണ്ടത് ആയി എന്നാണ് ആ മായയെ സ്വീകരിക്കുന്നവർ തന്നെ ആ മായാശക്തിയെ അംഗീകരിച്ചുകൊണ്ടും ചെറുത് പറയുന്നു ജഗത്ത് സത്യം തന്നെ ഈശ്വരൻ നിന്ന് സൃഷ്ടമായത് ഈശ്വരൻ സത്യമാണ് ഈശ്വരനിൽ നിന്ന് സൃഷ്ടമായത് ഈശ്വരനെ പോലെ സത്യമായിരിക്കാനേ കഴിയുള്ളൂ എന്നാണ് പക്ഷെ മായ എല്ലാവരും സ്വീകരിക്കുന്നത് അദ്വൈതി എന്താണ് പറയുന്നത് സൃഷ്ടമായാൽ അത് അനിത്യമാകും നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ് കാണുന്നത് മാത്രവുമല്ല മായ അതിന്റെ സ്വഭാവം തന്നെ അനുവചനീയമാണ് അതുകൊണ്ട് അമായാൽ നിർമ്മിതമായൊന്ന് അനുവചനീയമായിരിക്കാനേ കഴിയുള്ളൂ ഈശ്വര തത്വം പോലെ അത് പരമാർത്ഥമല്ല പരമാർത്ഥമാണെന്ന് കഴിഞ്ഞാലോ പക്ഷേ അജം ജായുത ഇനി സഖ്യും ഭക്തും അജമായത് ജനിക്കുന്നുവെന്ന് പറയണ്ട ജനിക്കാത്തത് ജനിക്കുന്നുവെന്ന് പറയേണ്ട അത് പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യമാണ് പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കാൻ നിവൃത്തിയുണ്ട് മറിച്ച് അദ്വൈതി പറയുന്ന പോലെ സത്യമായി സ്വീകരിക്കും എന്താണോ അതിന്റെ ആ സത്ത ഉണ്മയാണ് ഈശ്വരന്റെ ഉണ്മയിൽ നിന്ന് അതിന് വേറിട്ടൊരു സത്ത ഇല്ലാതാണ് തഥ്യ അർത്ഥാ ജാതം ജാതീ ആപന്നം തദശ അനവസ്ഥ ജാതായ ആരെങ്ങിണീ പ്രപഞ്ചത്തെ സ്വതന്ത്രമായ സത്തയുള്ളതായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയേണ്ടി ഇത് അനാദിയായി സ്വതന്ത്രമായ ഉന്മയുള്ളതായി നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി അനവസ്ഥോഷങ്ങൾ ജനിക്കുക എന്നിട്ടും അത് സത്യമായിരിക്കുക അതിൽ നിന്ന് വീണ്ടും ജനിക്കുക വീണ്ടും സത്യമായിരിക്കുക ഇങ്ങനെ ഒരു അനവസ്ഥാ ദോഷം വരും അതുകൊണ്ട് തസ്മ രാജം ഏകമേവ ആത്മതത്വം ഇത് സിദ്ധം അതുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നത് എന്താണോ ഇവിടെ പ്രപഞ്ചം സത്യമായി അനുഭവപ്പെട്ടാലും ശരി ഇനി പ്രപഞ്ചം അവാസ്തവമാണെന്ന് ബോധിച്ചാലും ശരി പരമാർത്ഥത്തിന് ആജമായ ഏകമായ ആത്മതത്വം ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതിന് മാത്രമേ നിലനിൽക്കൊള്ളൂ അല്ലെ സിദ്ധമായി അതുകൊണ്ട് പ്രപഞ്ചത്തെ ആത്മരൂപത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ടും അദ്വൈതത്തിന് വിരോധമൊന്നും വരുന്നില്ല പ്രപഞ്ചത്തെ ആത്മരൂപത്തിൽ സത്യമായി സ്വീകരിക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല ആത്മഭിന്നമായ ഒരു സത്യമായി സ്വീകരിച്ചാലാണ് അവിടെ അദ്വൈതം വരുന്നത് പരമാർത്ഥത്തിൽ ഒരാത്മതത്യമേ ഉള്ളൂ അത് തന്നെയാണ് പ്രപഞ്ചമായും ഭാസിക്കുന്നത് ഇതാണ് അദ്വൈതം അതുകൊണ്ട് പ്രപഞ്ചത്തെ സ്വീകരിക്കുന്നോ നിഷേധിക്കുന്നോ എന്നുള്ളതിനനുസരിച്ചല്ല അദ്വൈതം നിലനിന്നുള്ളത് ആ പ്രപഞ്ചത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിനെയും ആത്മ സ്വരൂപമായി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തിന് വിരോധമില്ല അസത്തോയാജന് തോ യുജ്യത്തെ വന്ധ്യ പുത്രോ ത മായ യാഭിക്ായത്തെയും അസദ്വാദിനാം അസതോ അഭാവസ്യമായ തത്വദോവാദ തഥഞ്ജന ജന്മവിദ്യ പ്രപഞ്ചത്തിൽ ഉങ്ങിയുടെ അനുഭവമുണ്ട് അപ്പൊ ആ അനുഭവത്തെ പിന്തുടർന്നാൽ അത് എത്തിച്ചേരുന്നത് തന്റെ തന്നെ അസ്തിത്വത്തിലാണ് അന്വേഷിക്കുന്നവന്റെ അസ്തിത്വത്തിലാണ് ആ അസ്തിത്വത്തിനപ്പുറം ഒരു ശൂന്യത അത് ഭാവന ചെയ്യാൻ കൂടി സാധ്യമുണ്ടെന്നാണ് ശൂന്യതയെ ഭാവന ചെയ്താൽ ആ ഭാവനയിലാണ് ശൂന്യത നിൽക്കുന്നത് സത്തായ ഭാവനയിൽ കാരണം ആ ശൂന്യതയ്ക്ക് നിലനിൽക്കാനൊരു ഇടം വേണം ഏതെങ്കിലും തരത്തിലൊരു വസ്തുവിനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പനയ്ക്കൊരാധാരം വേണം ശൂന്യതയെ ഭാവന ചെയ്താലും ഭാവനയ്ക്കൊരാധാരം വേണം സത്ത് ആ ഭാവനയുടെ ആധാരമായി നിലനിൽക്കും അതുകൊണ്ട് ഈ അസത്ത് എന്ന് പറയുന്ന കൽപ്പന കൂടി നിലനിൽക്കാത്താണ് ശൂന്യം അതിൽ നിന്ന് ഒരു പ്രപഞ്ചം അത് സത്യമായിട്ടോ മായ കൊണ്ടോ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് അസദ്വാദിനാം അസതോ അഭാവസ്യ അസത് അഭാവം ശൂന്യം മായയാ തത്വതോവാ എന്ന കഥഞ്ജന ജന്മയും ചെയ്യും അത് പരമാർത്ഥത്തിലോ കൽപ്പിതമായിട്ടോ ഒന്നും അതിന് ജന്മം സാധ്യമല്ല അതുകൊണ്ടിതെല്ലാം ശൂന്യത്തിൽ നിന്ന് വരുന്നു ശൂന്യത്തിലേക്ക് വിലയിക്കുന്നു ശൂന്യമാണ് എന്ന് പറയുന്ന ആ ശബ്ദത്തിനൊരർത്ഥവുമില്ലെന്നും ശൂന്യമെന്ന് നമ്മൾ വിളിക്കുന്നത് സത്തിനെ തന്നെ അതുകൊണ്ട് തന്നെ ബുദ്ധിന്റെ അനുയായികൾ ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു ശൂന്യവാദികൾ ശൂന്യെന്നുള്ള ശബ്ദത്തിലൂടെ അവർ തുടങ്ങിയെങ്കിലും അങ്ങനെ ചിന്തിച്ചു ചെന്നപ്പോൾ അവരും ഈ അദ്വൈതത്തിൽ തന്നെ ഒന്നു ചേർന്നു ഇവിടെ അദ്വൈതത്തെ ഈ മാണ്ഡൂക്യത്തിൽ വിവരിക്കുന്നത് പോലെയാണ് അവർ ശൂന്യത്തെ വിവരിക്കുന്നത് അഗ്രാഹ്യം അലക്ഷണം അചിന്തിയും അമ്പ്യോപദേശം എന്നുള്ള രീതിയിലാണ് അവരും ശൂന്യത്തെ പറയുന്നത് അപ്പം ശബ്ദത്തിൽ മാത്രം ഇവിടെ തുര്യൻ എന്ന് പറയുന്നു അവിടെ ശൂന്യം എന്ന് പറയും അതല്ലാതെ ഈ സത്തയല്ലാതെ ശൂന്യൻ എന്ന് പറയുന്നൊരു കല്പനിക നിരാധാരമാണ് അതിന് വിശേഷൊരർത്ഥവും വരക്കും ശൂന്യം എന്ന് കൽപ്പിച്ചാൽ അത് തുര്യൻ അധിഷ്ടത്വ ശൂന്യത്തിൽ നിന്നും ഇവിടെ എന്തെങ്കിലും ഉണ്ടായി വരുന്നതെന്ന് നമ്മൾ കാണുന്നുമില്ല നമ്മുടെ ഈ അനുഭവ തലത്തിൽ ഒരു ദഹരണം പറയുന്ന ഈ വന്ധ്യാപുത്ര മായ തത്വദൂവാചായതയും വന്ധ്യാപുത്രൻ ശശവിഷാളം മുയൽക്കമ്പ് ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ അത് മായ കൊണ്ടോ യഥാർത്ഥത്തിലോ ഉണ്ടാകുന്നില്ല തസ്മാ അസദ്വാദോ ദൂരതയവ അനൂപന്നയി അതുകൊണ്ട് അസദ്വാദം ശിന്യവാദം അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് കേവലം ശബ്ദം മാത്രമാണ് വസ്തുശൂന്യോ വികല്പ അർത്ഥമില്ലാത്ത ഒരു ശബ്ദ പ്രയോഗം ആ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു അർത്ഥത്തെ നമ്മൾ കണ്ടെത്തിയാൽ അത് സത്ത് തന്നെയായിരിക്കും ശൂന്യം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു തന്നാൽ ചെന്ന് എത്തുന്നത് അതുകൊണ്ട് ശൂന്യവാദം എന്ന് ചിലർ പറയുന്നത് അത് സത്ബാധത്തിനെന്ന് ഭിന്നമാണെന്ന് കരുതുന്നതല്ല അബദ്ധമാണ് പരമാർത്ഥസ അതിനെ തന്നെയാണ് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അസത്വവും ജന്മ തോന്നുജ്യത്തെ വന്ധ്യ പുത്രോന തേ സമ്യെന്താ മനസ്സിലാകുന്നത് പരമാർത്ഥ സത് ഉണ്മ അതിന്റെ ജന്മമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്തിന്റെ ജന്മം സത് അജമാണ് അതെങ്ങനെ ജനിക്കും അതെന്ന് പറഞ്ഞു മായയാ അജത്തെ ജന്യമാകുന്ന ഒരു ശക്തി വിശേഷം അതുകൊണ്ട് സംഭവിക്കാം ഈ വൈരുദ്ധ്യത്തെ സമന്വയിപ്പിക്കുന്ന ഒരു ശക്തി ജനിക്കാത്തവന്ന് ജനിക്കുന്നു എന്ന് പറയുന്നതാണ് വൈരുദ്ധ്യം ആ വൈരുദ്ധ്യത്തെ യോജിപ്പിക്കുന്ന ഇതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് മായ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കാം സത്തിനും ജന്മം സംഭവിക്കാം അജവും ജനിക്കാം യഥാം വിരജ്വാം വികൽപിത സർപ്പൂരജ് രൂപേൺ അപേക്ഷ്യമാണ് സ രജുവിൽ കൽപ്പിതമായിരിക്കുന്ന സർപ്പം ഭ്രമ അനുഭവങ്ങളെല്ലാം ക്ഷണികമായി തോന്നുന്ന പരമാർത്ഥമല്ലാത്ത അനുഭവങ്ങളെല്ലാം അനുഭവ വിഷയങ്ങൾ രജുവും മറ്റും സർപ്പവും മറ്റും രജ്ജുരൂപേണ അപേക്ഷമാണ് ഹസ്തൻ അതിനോട് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല രജ്ജു മാത്രമേ ്രഹ്മസ്ഥലത്ത് വാസ്തവം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ചിന്തിക്കുമ്പോൾ രജ്ജി രൂപേണ അപേക്ഷമാണ് സപഞ്ചത്തെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു ഗീതാസത്ത് തന്നെ പരമാർത്ഥവസ്തു തന്നെ അതുപോലെ ഇവിടെ ഏവം മനഃ പരമാർത്ഥ വിജ്ഞക്യാ ആത്മരൂപേണ അപേക്ഷ്യമാണ് സത് ഈ മനസ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ സത്തിനെയും പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അതാണ് മനസ്സ് ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ് അതുകൊണ്ട് മനസ്സിനെ തന്നെ പറയുന്നു അത് മായ മായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അറിയാത്തൊരു സാധനം മനസ്സ് മനസ്സല്ലാത്ത വേറൊരു മായയൊന്നുമില്ല പക്ഷെ ആ മനസ്സിനെ പരിശോധിക്കുന്നു എങ്ങനെ പരമാർത്ഥ വിജ്ഞപ്തിയ സർപ്പത്തെ നമ്മൾ പരിശോധിച്ച മനസ്സിലായി രജ്ജുവാണെന്ന് എങ്ങനെ വിവേകം കൊണ്ട് പരിശോധിച്ചു എന്താണവിടെ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞു അതാണ് പരമാർത്ഥജ്ഞാന ആ പരമാർത്ഥ വിജ്ഞപ്തി അനുഭവം പരമാർത്ഥ അനുഭവത്തിലൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കണം മനസ്സിനെ കുറിച്ച് എന്താണ് ഈ മനസ്സ് അടുത്ത് പറയുന്ന എന്താണ് ഗ്രാഹ്യ ഗ്രാഹകരൂപേണ ഈ മനസ്സാണ് ഞാനായിരിക്കുന്നത് ആ മനസ്സ് തന്നെയാണ് ഞാൻ അറിയുന്ന സർവവുമായിരിക്കുന്നു ഞാനും വിഷയുമായിരിക്കുന്നതാണ് മനസ്സ് ഞാൻ ഗ്രാഹകൻ ഗ്രാഹ്യം വിഷയം ഈ രണ്ട് രൂപത്തിലും ഇരിക്കുന്നത് ഈ മനസ്സ് അതുതന്നെയാണ് മായ ആ മായയാണ് പറഞ്ഞത് എന്താണത് സത്തിന്റെ ശക്തിയാണ് ശക്തി വിശേഷമാണ് സ്ഥിരന്റെ ശക്തി വിശേഷമാണെന്ന് പറഞ്ഞു ആ തുര്യന്റെ ശക്തി വിശേഷം പരമാർത്ഥ ജ്ഞാനത്തോടുകൂടി പരിശോധിക്കുമ്പോൾ എന്താവുന്നു അതാ തുര്യൻ തന്നെ സത്ത് തന്നെ മനസ്സ് സത്ത് തന്നെ മായ ആ മായാവി തന്നെ മായാവിയിൽ നിന്ന് അന്യമായിട്ടൊരു മായയില്ല അന്യമായി സ്വയം നിലനിർത്താൻ കഴിയുമുള്ള ഒരു മായയില്ല അത് മായാവി തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ മായ എന്ന് നമ്മൾ പറയുന്നതും ആ പരമാർത്ഥ സത്തയെ തന്നെയാണ് അതാണ് അദ്വൈതമെന്ന് പറയുന്നത് ആ സത്തയും പിന്നീടൊരു മായയും അങ്ങനെ സ്പന്ദത പറയുന്നു അതിന്റെ സ്പന്ദനമാണ് പറഞ്ഞല്ലോ അത് തുര്യന്റെ സ്പന്ദനമാണ് ആ തുര്യൻ തന്നെ സർവത്തെയും അനുഭവ വിഷയമാക്കുന്നതാണ് അതാണ് എന്റെ സ്പന്ദനമെന്ന് പറയുന്നത് സർവത്തെയും അനുഭവ വിഷയമാക്കും ആ തുര്യനാണെന്നുള്ളതാണ് പ്രാധാന്യം ഞാൻ ഗ്രാഹകനായും ഗ്രാഹ്യമായും ഇരിക്കുന്ന ഈ ഞാൻ ഇത് മനസ്സാണ് അതാ തുര്യന്റെ സ്പന്ദനമാണ് ഞാനെന്നിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ മനസ്സല്ലാതെ ആ സത്തയല്ല ആ സത്യ അറിയണമെങ്കിൽ എങ്ങനെ വേണം പരമാർത്ഥ വിജ്ഞത്മസ്വരൂപേണ എന്ന് പറഞ്ഞ രീതിയിൽ അറിയണം ആ രീതിയിലറിയാതെ ഇപ്പോഴും ഞാൻ ഞാനെന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നു അമനസിന അതിന് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നതാണ് ചിള്ള മനസ്സ് ചൈതന്യത്തിന്റെ ഛായയുള്ള മനസ്സ് അങ്ങനെയൊരു മനസ്സ് അങ്ങനെയല്ലാതെ മനസ്സിന് നിൽക്കാനും കഴിവു അതിന് ചൈതന്യം പകരുന്ന ആ സത്ത് ആ സത്തിന്റെ നിരയിൽ നിന്ന് നോക്കിയാൽ ഗ്രാഹകനായും ഗ്രാഹ്യമായും നിൽക്കുന്ന ഈ മനസ്സ് തന്നെയാണ് സത്ത് അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഈ മനസ്സ് തന്നെയാണ് മായ മനസ്സിനെ രണ്ട് തരത്തിൽ നിന്ന് വീക്ഷിക്കാം ഗ്രാഹകരൂപത്തിൽ പ്രപഞ്ചഭാനത്തെ ഉണ്ടാക്കുന്നതായി മനസ്സനുഭവപ്പെടുമ്പോൾ അത് മായയായി മനസ്സ് പരമാർത്ഥ വിജ്ഞപ്തിയാ മനസ്സിനെ നോക്കുമ്പോൾ ആ മനസ്സ് തന്നെ ആത്മസ്വരൂപമായി സ്വത്തായി അതെങ്ങനെ ഒന്നിന് രണ്ടാകാൻ പറ്റും കാരണം ഇവിടെ ഒന്നാണ് പലതായിരിക്കുന്നത് ഒന്ന് പലതായിരിക്കുന്നത് ഒന്ന് തന്നെയാണ് ആത്മാവായും അനാത്മാവായും ഒന്ന് തന്നെയാണ് സത്യമായും മിഥ്യയായും അനുഭവപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ ഒന്നിൽ നിന്ന് വേർതിരിക്കാൻ ഇവിടെ മറ്റൊന്നുമില്ല മനസ്സെന്നോ പ്രപഞ്ചമൊന്നോ വേർതിരിച്ചെടുക്കാൻ സത്തല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് സാധ്യമല്ല അതുകൊണ്ടിവിടെ പറയുന്നു അപേക്ഷമാണോ സത് അസത്താണോ അത് പരമാർത്ഥത്തിൽ നിന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിന്നെ പരമാർത്ഥമായി ഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചു അതാണ് ഇവിടെ പറഞ്ഞത് പരമാർത്ഥ വിജ്ഞപ്തിയ അത് മറിച്ച് ഗ്രഹിക്കാനും പാടില്ല ഈ ഗ്രാഹകനായിരിക്കുന്ന ഞാൻ മനസ്സ് ഗ്രാഹ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഇതിന്റെ തലത്തിൽ നിന്നല്ല ചിന്തിക്കേണ്ടത് ഇതിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ഗ്രാഹകനായിരിക്കുന്ന എന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചം എന്നെല്ലാം പറഞ്ഞാൽ ആ സംബന്ധമാണ് എന്റെ കൽപ്പനയാണ് പ്രപഞ്ചം എന്റെ ഭാവനയാണ് പ്രപഞ്ചം എന്നെല്ലാം പറയുന്ന സംബന്ധം എന്തുകൊണ്ട് ഞാൻ ഞാനെന്ന് പറയുന്നതും ഒരു ഭാവനയാണ് അതും ഒരു കല്പനയാണ് അത് കേവലം ഈ കൽപ്പനയുടെ ഒരംശം മാത്രം ഇതൊരു വലിയ കൽപ്പനയാണ് അത് രണ്ടായി പിരിഞ്ഞതാണ് ഞാനായും അഹമായും ഇതമായും അഹന്തയായും ഇതന്തയായും പിരിഞ്ഞിരിക്കുകയാണ് ഒന്ന് തന്നെ അത് മായാ അധീനമായ കാര്യമാണ് മായാവശനായിരിക്കുന്ന ഒരവസ്ഥയാണ് പരമാർത്ഥസത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ഈ തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് ഇത് കല്പനയാണ് ഇത് ഭാവനയാണ് മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അസംബന്ധമായി അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് ഗ്രാഹി ഗ്രാഹകരൂപേണ ഇതെന്റെ മനസ്സിന്റെ കൽപ്പനയാണെന്ന് പറയുന്ന ഞാനും ഈ കൽപ്പനയുടെ ഭാഗമാണ് എന്റെ മനസ്സാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഈ ഞാനും എന്റെ തന്നെ കൽപ്പനയുടെ ഭാവമാണ് അതുകൊണ്ട് അതിനുപരിയായി പോകും അതിനുപരിയായി പോവുക പറഞ്ഞാൽ എന്താണ് പരമാർത്ഥ വിജ്ഞപ്തിയിലൂടെ സത്യത്തെ ഗ്രഹിക്കും അല്ലെങ്കിൽ പരമാർത്ഥ വിജ്ഞപ്തിയായി സത്യത്തെ ഗ്രഹിക്കും അവിടെ നോക്കുമ്പോൾ ഞാനും എന്റെ ഗ്രാഹ്യവും സർവവും അമനസ് തന്നെ എന്ന് മനസ്സിലാവും പരമാർത്ഥ രൂപത്തിൽ അത് സത്തായും അപരാമാർത്ഥ രൂപത്തിൽ അത് തന്നെ മായയായും ഇരിക്കുന്നു അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ച് രണ്ടും പറയും വാസിഷ്ഠത്തിനും പറയും ഇതിനെ പിന്തുടർന്ന് പറയുന്നതാണ് അതിന്റെ അടിസ്ഥാനം ഇതാണ് ഈ കാരിക അമനസ് തന്നെയാണ് സത്ത് പരമാർത്ഥം മനസ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നു ഇതിന് ഭാഷകാലം കൊണ്ട് പറയുന്നു ദ്വയാഭാസം ഇത് ദ്വയാഭാസം ഞാനായും ഞാൻ അറിയുന്നതായും രണ്ടു തരത്തിൽ ഭാഷിക്കുന്നു മനസ്സ് ആ മനസ്സിനെ തന്നെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് അത് തന്നെയാണ് ജ്ഞാനം ബോധം ഇതെല്ലാം വിളിക്കുന്ന അതിനെ തന്നെയാണ് പക്ഷെ അതെന്താണ് സ്പന്ദതേ അതൊരു സ്പന്ദനമാണ് സ്പന്ദനം എന്ന് പറഞ്ഞാൽ അതൊരനുഭവപ്പെടലാണ് എന്നറക്കും മനസ്സെന്ന് പറയുന്ന എന്താണ് വാസ്തവത്തിൽ ഒരു അനുഭവം അങ്ങനെ നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റും മനസ്സിനെങ്ങനെയൊക്കെ നമ്മൾ നിർവചിച്ചാലും അവസാനം വന്നു ചേരുന്ന അവിടെയാണ് മനസ്സെന്ന് പറയുന്ന ഒരു അനുഭവം രണ്ടായി പിരിയുന്ന ഒരനുഭവം ഞാനായും ഞാൻ അറിയുന്നതായും പിരിയുന്ന ഒരനുഭവം അപ്പം ഞാനായും ഞാൻ അറിയുന്നതായും പിരിയുന്ന ആ അനുഭവം അതാണ് മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടോട് പറഞ്ഞ് ദയാഭാസം അത് ഈ തുര്യന്റെ എന്റേതല്ല ഞാനതിൽ പെട്ടുപോയി തുര്യന്റെ ഭാനമാണ് തുര്യന്റെ ഒരു പ്രതീതിയാണ് ആ തുര്യനാണ് തന്റെ വാസ്തവ സ്വരൂപം പരമാർത്ഥസ്വരൂപം അപ്പൊ തന്നിൽ പ്രതീതമാകുന്നത് തന്നിൽ അനുഭവപ്പെടുന്നതാണ് ഇത് രണ്ടും താനും താൻ അറിയുന്നവയും അതുകൊണ്ടാണ് മനസ്സൃഷ്ടി മനസ്സിന്റെ സൃഷ്ടിയാണെന്നെല്ലാം പറയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത ജാഗ്രത ഇത് മനസ്സിലാക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അത് മനസ്സിലാക്കുന്നത് ജാഗ്രത ഞാൻ എന്റെ അറിവ് എന്റെ അറിവിന് വിഷയമായിരിക്കുന്നത് എന്നുള്ള നിലയ്ക്കല്ല അങ്ങനെ മനസ്സിലാക്കിയാൽ അത് യുക്തിഭംഗം വരും ഞാൻ എന്റെ അറിവ് എന്റെ അറിവിനെ ആശ്രയിച്ചതെല്ലാം നിൽക്കുന്നു എന്നുവരും എന്റെ അറിവിന്റെ സൃഷ്ടിയാണിത് എന്നെല്ലാം വരും സ്വയം സംശയിക്കുക എന്റെ അറിവിന് കേവലമായിരിക്കുന്ന ഈ അറിവിന് കേവലമായിരിക്കുന്ന ഈ മനസ്സിന് സ്ഥൂലമായ വ്യവഹാരക്ഷമതയുള്ള ഈ പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും അതെങ്ങനെ സാധ്യമാകും സങ്കല്പത്തിനെങ്ങനെ സൃഷ്ടി സാധ്യമാവും അ സാധ്യമാകുമെന്നൊരാൾ പറയുകയാണെങ്കിൽ വേദാന്തം പഠിച്ചിട്ട് അയാളോട് ആവശ്യപ്പെടാം നിങ്ങളെ സങ്കല്പം കൊണ്ട് നിങ്ങളെല്ലാം സൃഷ്ടിക്കുക അപ്പൊ അത് സാധ്യമല്ലാതെ വരും സങ്കല്പം കൊണ്ടൊന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നു അതുകൊണ്ട് ജാഗ്രതയിൽ ഇതിനെ ബോധിക്കുന്നിടത്ത് യുക്തിഭംഗമാണ് അതുകൊണ്ടാണ് ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നത് സ്വപ്ന ഹിമായ സ്വപ്നത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ട് സ്വപ്നത്തിൽ ഈ ഞാനല്ല അവിടെ ഉണ്ടായിരുന്നു ഈ ഞാനായിരുന്നെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് എങ്ങനെയാണോ മറ്റൊരു ജാഗ്രത വരുന്നത് അതിന്റെ തുടർച്ചയായി തന്നെ ഈ സ്വപ്നം വന്നത് ജാഗ്രത് സ്വപ്നം എന്നുള്ള ഭേദമില്ലാതെ വന്നു ജാഗ്രതയും ജാഗ്രതനും തമ്മിൽ ഭേദമില്ലാത്തതുപോലെ ജാഗ്രത സ്വപ്നം തമ്മിലും ഭേദമില്ലാതെ വന്നത് അങ്ങനെയല്ല ജാഗ്രതും ജാഗ്രതും നമ്മൾ ഒരേ പേരിട്ട് തന്നെ വിളിക്കും ഒരേ അനുഭവത്തിന്റെ പരമ്പരയാണ് വ്യത്യസ്തങ്ങളായ അനുഭവത്തിന്റെ ഒരു പരമ്പര പക്ഷെ സ്വപ്നം അത് മാറിയിരിക്കുന്നു അതിന് നമ്മൾ ജാഗ്രത അല്ല എന്ന് തിരിച്ചറിയുന്നു അതാണ് അതിന് സ്വപ്നം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടെന്താ സൗകര്യം സ്പന്ദനം അവിടെ സ്പഷ്ടമായിരിക്കുന്നു അദ്വൈത മതമനുസരിച്ച് ജാഗ്രതെന്നുള്ള ഈ ഒരു അനുഭവം കൂടാതെ സ്വപ്നം സുശുതി എന്ന ഈ രണ്ട് അനുഭവങ്ങളെയും വെച്ചിരിക്കുന്നതും ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുഷീത ജീവനിങ്ങനെ രണ്ടനുഭവം ഉള്ളത് ഇതിലൂടെയാണ് അവൻ സത്യത്തെ അറിയുന്നത് സുഷുപ്തിയിലൂടെ തന്റെ ഉണ്മയെ അവൻ ഗ്രഹിക്കുന്നു ഈ പ്രതീതിരഹിതമായ ഹിതമായ ഉമ്മ അതാണ് പരമാർത്ഥമെന്ന് ഗ്രഹിക്കുന്നതിനാണ് ഈ സുഷുതി സ്വപ്നത്തിലൂടെയോ ഇത് കേവലം പ്രതീതി മാത്രമാണെന്ന് ഗ്രഹിക്കാൻ പ്രപഞ്ചത്തിന്റെ അസത്യത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം ആത്മാവിന്റെ പാരമാർത്ഥികതയെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷൃതി ഇതെവിടെ ബോധിക്കണം ജാഗ്രത ഇത് രണ്ടും ബോധിക്കുന്നതിനുള്ള ഒരു ഇടമായിട്ടാണ് ജാഗ്രത ഇപ്പൊ ജാഗ്രത സ്വപ്ന സൃഷ്ടി എന്ന് പറയുന്ന ഈ മൂന്ന് അവസ്ഥകളും പരമാർത്ഥത്തിന് ജീവന് തന്റെ ഉണ്മയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാതെ ഇതിന് വേറെ ഉപയോഗമൊന്നുമില്ല മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് സൃഷ്ടി അതിനുവേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും അടുത്ത് സൃഷ്ടിയുടെ ദൃഷ്ടാന്തം പറയും ഇവിടെ സ്വപ്നത്തിന്റെ ദൃഷ്ടാന്തം പറയും അവിടെ ഇത് വളരെ വ്യക്തമായിരുന്നു അവിടെ ഏതിനെയെങ്കിലും ഒന്നിനെ സത്യമാണെന്ന് നമുക്ക് കയറി പിടിക്കാൻ പറ്റത്തില്ല അതിനെയെല്ലാം അസത്യമാണെന്ന് തള്ളികളയാനേ പറ്റും അവിടെ എല്ലാത്തിനെയും പ്രതീതിയായി ഭാനമായി നമുക്ക് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റുന്നു അതാണ് സ്വപ്ന ദൃഷ്ടാന്തം സ്വപ്നയും മായയാ സ്വപ്നം എന്താണ് വ്യക്തമായും ധരിക്കാൻ തന്നത് മനസ്സ്പന്ദനമാണ് അവിടെ ആ അനുഭവവേളയിൽ സൂക്ഷ്മവും സ്ഥൂലവും സത്യവും അസത്യവുമായ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഈ ജാഗ്രത്തിൽ നമുക്കത് വ്യക്തമായി ധരിക്കാൻ കഴിയുന്നു മായയ അതെല്ലാം മായ കൊണ്ട് സംഭവിച്ചാണ് അതിനാണ് മായ എന്ന് പറയുന്നത് അവിടെ മായ എന്ന് പറയാൻ എന്താ ഉണ്ടായിരുന്നത് അവിടെ ഏതിനെയാണ് മായ എന്ന് വിളിക്കുന്നത് ഈ മനസ്സിനെ തന്നെ അല്ല അവിടെ മായ എന്ന് പറയാൻ പറ്റുന്നില്ല തുരിയല്ലാതെ വേറൊന്നും അവിടെ നമുക്ക് മായ എന്ന് പറയാം മനസ്സുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും അവിടെ ആ മനസ്സിന് അവിടത്തെ ഗ്രാഹകനേയും ഗ്രാഹ്യത്തെയും സൃഷ്ടിക്കാൻ ഇവിടെയും ഈ മനസ്സ് തന്നെയായിരിക്കും ഇതിനെ സൃഷ്ടിക്കുന്നത് ഗ്രാഹകനെയും ഗ്രാഹ്യത്തെയും സൃഷ്ടിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ബോധ്യപ്പെടുന്നില്ല ഇവിടെ ആ മനസ്സ് തന്നെ സൃഷ്ടിച്ച് ഗ്രാഹകനായി നിന്നുകൊണ്ട് ഈ ഗ്രാഹ്യത്തെ ഗ്രഹിക്കുന്നുകൊണ്ട് സത്യം ബോധ്യപ്പെടുന്നില്ല മനസ്സാദ്യം എന്ത് ചെയ്യുന്നു ആഹന്തയെ സൃഷ്ടിക്കുന്നു അതാണ് ഗ്രാഹകൻ പിന്നീട് സർവത്തെയും ഈ അഹം എന്നുള്ള ഭാവത്ത് നിന്നുകൊണ്ടേ കാണാൻ കഴിയുന്നു അതിന് സ്വതന്ത്രമായി ഇവിടെ പറയുന്ന പരമാർത്ഥ വിജ്ഞപ്തിയിലൂടെ കാണാൻ കഴിയുന്നു അഹം ഭാവത്തിൽ നിന്ന് കാണുമ്പോൾ ഇവിടെ നമുക്ക് ആ സുഷുപ്തി സുഷുപ്തിയും സ്വപ്നത്തെയും അപേക്ഷിക്കാതെ ജാഗ്രത നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല ഗ്രാഹക ഭാവം അവിടെ തന്നെ സത്യബോധം വന്നു ഞാൻ തന്നെ ആദ്യം സത്യമാണെന്ന് അനുഭവപ്പെടുന്നു ആ ഗ്രാഹഭാവത്തിലൂടെ ആ പരമാർത്ഥ സത്ത് സത്തായി അനുഭവപ്പെടുന്നു ഈ ഗ്രാഹകന്റെ സത്തായി അനുഭവപ്പെടുന്നു കാണുന്നവന്റെ സത്തായി അനുഭവപ്പെടുന്നു പരമാർത്ഥ സത്ത് കാണുന്നവൻ തന്നെ സത്തായിത്തന്നു കാഴ്ചയിൽ സത്തായി അനുഭവപ്പെടുന്നു ഇതിനെ ഈ അവസ്ഥയിൽ നിന്ന് മാറി നിന്നറിഞ്ഞാലേ ഇതിന്റെ സത്യം ബോധ്യപ്പെടുത്തുള്ളൂ ഏതുപോലെ ഇവിടെ നിന്നുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വപ്നത്തിന്റെ വാസ്തവസ്ഥിതിയും മനസ്സിലാക്കുന്ന പോലെ സുഷുതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് സുഷുതിയുടെ വാസ്തവസ്ഥിതിയും ഈ ജാഗ്രതയിൽ തന്നെ പരമാർത്ഥ വിജ്ഞപ്തിയെ കൈവരിച്ചാൽ ഇവിടുത്തെ ഈ ഗ്രാഹകന്റെയും ഗ്രാഹ്യത്തിന്റെയും അസത്യത്തെ ബോധ്യപ്പെടാം അതിനാണ് മിഥ്യ എന്ന് പറയുന്നത് ഗ്രാഹകനായി നിന്നുകൊണ്ട് ഗ്രാഹകനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയുന്നവനായും ഈ പറയുന്നതെല്ലാം കേൾക്കുന്നവനായും പഞ്ചേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ മറ്റ് സർവത്തിനെയും അറിയുന്നവനായും ഇരിക്കുന്ന ഈ അവസ്ഥ ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഇതിന്റെ അസത്യത്തെ ബോധ്യപ്പെടാൻ സാധ്യമുണ്ട് ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഇതെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നുമല്ല നമ്മൾ അങ്ങനെ ബോധിക്കുന്നിടത്താണ് നമുക്ക് തെറ്റിദ്ധാരണ വരുന്നു എങ്ങനെ ഈ പ്രപഞ്ചം വിദ്യയാണ് നിങ്ങൾ സത്യമായി ബോധിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് വെറുതെ പറയുന്ന അവിടെയാണ് എവിടെ ഇതിനെ സത്യമായി ബോധിപ്പിക്കുന്ന ഈ ഗ്രാഹകൻ ഇതിനെ മിഥ്യയായി ബോധിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ബോധിക്കത്തില്ല ആരാണോ ഇതിനെല്ലാം സത്യമായി അറിയുന്നവൻ അവൻ തന്നെ ശ്രമിക്കുകയാണെന്താണോ ഇതെല്ലാം അസത്യമാണ് തന്റെ മനസ്സിൽ ബോധിക്കാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും ബോധിക്കത്തില്ല എന്തുകൊണ്ട് ഇത് ഗ്രഹിക്കുന്നവനും ആ കൽപ്പനയുടെ സൃഷ്ടിയാണ് ആ മനഃസ്പന്ദനത്തിന്റെ വിഷയമാണ് ഇവനും ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവനും ശാസ്ത്രം ബോധിപ്പിച്ചാലും ഗുരു ബോധിപ്പിച്ചാലും ഇവിടെ നിന്നാണ് ഇതിനെ ഗ്രഹിക്കുന്നതെങ്കിൽ ഇത് സാധ്യമല്ല അതിനാണ് സ്വപ്നദിഷ്ടാന്തം പറയുന്നത് സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് സ്വപ്നത്തെ സ്വപ്നമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ ഗ്രഹിക്കുന്നവനൊക്കെ സത്യമാണ് അവിടുത്തെ ഗ്രാഹകൻ അവിടെ സത്യമാണ് ഗ്രാഹ്യവും സത്യമാണ് അതുകൊണ്ടൊരിക്കലും അവിടെ അത് സത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല അതിന് ജാഗ്രതത്തിലേക്ക് വന്നാലേ എന്ന് വരുത്തിയോളൂ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ അത് സ്വതേ അതിനെ സംബന്ധിച്ചുള്ള സത്യം സ്വയം പ്രകാശിക്കുന്നു സത്യം എവിടെ സ്വയം പ്രകാശിക്കുന്ന സത്യത്തെ കുറിച്ച് പറയുന്നത് എന്താണത് സ്വതപ്രമാണമാണ് അതിനെ ആർക്കും ബോധിപ്പിക്കാൻ പറ്റത്തില്ല വേദത്തിനും സാധ്യമല്ല ഗുരുവിനും സാധ്യമല്ല അങ്ങനെ ധരിക്കലും ഗുരു സത്യത്തെ ബോധിപ്പിച്ചു വേദം സത്യത്തെ ബോധിപ്പിച്ചു ആർക്കും സാധ്യമല്ല എന്തുകൊണ്ടത് സ്വതപ്രകാശമാണ് സ്വയം പ്രകാശിക്കുന്നതാണ് സ്വതപ്രമാണമാണ് പിന്നെ എല്ലാവരും നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതെന്ന് കൊണ്ട് ഗുരുവും ശാസ്ത്രവും ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അത് നിരപേക്ഷമായി ബോധ്യപ്പെടേണ്ടതെന്നാണ് അതുകൊണ്ട് വേദവും വേദമല്ലാതായിത്തീരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് സ്വപ്ന ദൃഷ്ടാന്തം പറയുന്നു സ്വപ്നേ മായയ എന്ന് പറയും അത് കൂടുതൽ വ്യക്തമാണത് പക്ഷേ നമ്മുടെ അനുഭവം എന്താണ് സ്വപ്നം വേറെ ജാഗ്രത വേറെ സ്വപ്നത്തിൽ സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എല്ലാം സത്യമായി തന്നെ കഴിയും ജാഗ്രതത്തിലേക്ക് വന്നിട്ട് സ്വപ്നത്തെ പാടെ അസത്യമാണെന്നറിയുന്നു പക്ഷെ ജാഗ്രതയിൽ തന്നെ അസത്യാനുഭവം ഇങ്ങനെ ഉണ്ടാവും ഇവിടെ പറയുന്ന എന്താണ് ജാഗ്രതയിൽ നിന്നും ഉണരണം പരാജാഗ്രതത്തിൽ വേണം ഇതറിയാനെന്ന് പറയും പക്ഷെ ജാഗ്രതയിൽ തന്നെ ഇത് അറിയുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്കാണ് സ്വപ്നത്തെ വിട്ടിട്ട് പറയുന്നത് രജ്ജ്വാ സർപ്പ ജാഗ്രതയിൽ ഒരാൾക്ക് എങ്ങനെ ആസക്തി തിരിച്ചറിയാൻ കഴിയും അതിന് ബ്രഹ്മത്തെ ഉദാഹരണമായി പറയും പ്രപഞ്ചം ഈ സർപ്പം പോലെ ഒരു സർപ്പമെന്നല്ല പറയുന്നു പക്ഷെ ഇതിന് സദൃശമായൊരു അനുഭവമാണ് എന്നാണ് പറയുന്നത് അതല്ല ഇതിന് സദൃശം തുല്യം എന്ന് പറയുമ്പോൾ അതല്ല അതിന് സമാനമായൊരു അനുഭവമാണ് സ്വപ്നസമാനമായൊരു അനുഭവമാണ് സ്വപ്നസമാനമെന്ന് പറയുമ്പോഴും അതിന്റെ അസത്യത്തെ മാത്രമേ ഗ്രഹിക്കാവൂ സ്വപ്നത്തിൽ വരുന്ന അവ്യക്തതകളെല്ലാം ജാഗ്രത തുടരുന്നുവെന്നോ സ്വപ്നത്തിൽ വരുന്ന അസ്ഥിരത അത് ജാഗ്രതയിൽ വരുന്നു എന്നോ അങ്ങനെയും ധരിച്ചു കളയും അതൊന്നും ആ പറയുന്നതിനർത്ഥമില്ല സ്വപ്നത്തിലെ അസത്യത്വം അത് ജാഗ്രത അനുസ്യൂതമായിരിക്കുന്നു പക്ഷേ നമ്മളതിനെ തിരിച്ചറിയുന്നില്ല ആ ഒരു കാര്യം മാത്രമേ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു രജ്ഞസർപ്പ ദൃഷ്ടാന്തത്തിലൂടെയും എന്താണോ നമുക്ക് ആ ദൃഷ്ടാന്തത്തിൽ നമുക്ക് നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഇതാണ് എന്താണോ അത് ക്ഷണികമാണോ അവിടുത്തെ ഭ്രമവും നിറയുന്ന ക്ഷണികമാണ് ഈ ജാഗ്രത അനുഭവം നൈരന്തര്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ നൈരന്തര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ക്ഷണികമായ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജാഗ്രത അനുഭവത്തിൽ ഭ്രമം ക്ഷണികമായിരിക്കുന്നതുപോലെ ഈ നൈരന്തര്യത്തെ നിഷേധിച്ചിട്ട് ഇത് ക്ഷണികമാണെന്നല്ല നമ്മളെ ബോധിപ്പിക്കുന്നു ക്ഷണികമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബോധിപ്പിക്കുന്നു മറിച്ച് ക്ഷണികമായ അസത്യത്തെ നമ്മളെങ്ങനെയാണോ തിരിച്ചറിയുന്നത് അതുപോലെ ഈ നൈരന്തര്യ അനുഭവത്തിലെ അസത്യത്തെയും തിരിച്ചറിയുന്നു ചോദിക്കും എന്താണ് ആരോഗ്യ സർപ്പം അവരെ ക്ഷണം കൊണ്ട് മാറിപ്പോയി അതുപോലെ ക്ഷണം കൊണ്ട് മാറിപ്പോന്നു എന്നാണോ ഈ പറയുന്നത് ഒരിക്കലും അതല്ല കാലത്തിന്റെ സവിശേഷതയെ അല്ല ഇവിടെ പറയുന്നു രണ്ടിലും സമാനമായിട്ടുണ്ട് ഒന്ന് എന്നാണ് അസത്യത്വം അതാണ് ഇവിടെ അസത്യത്തിനൊരു നൈരന്തര്യമുണ്ട് ഇന്നലെ ഇന്ന് നാളെ ഇന്ന് ഇത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും കാലത്തിന്റെ ഒരു പ്രവാഹം ഈ കാലപ്രവാഹം ഇങ്ങനെ നിലനിൽക്കേ തന്നെ ഇത് അസത്യമാണെന്നാണ് അല്ലാതെ കാലപ്രവാഹത്തെ നിരാകരിച്ച അത് ക്ഷണികമെന്നല്ല പറയുന്നു പരമാർത്ഥ അനുഭവത്തിൽ ആ കാലപ്രവാഹം ഇന്നിപ്പോ അനന്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലപ്രവാഹം അത് അസത്യമായി അനുഭവപ്പെടും അതിൻ്റെ അർത്ഥം ഇന്നലെ ഇന്നും നാളെ ഇല്ല എന്താണോ ദൃഷ്ടാന്തത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമേ ഗ്രഹിക്കാവൂ ഈ നൈരന്തര്യാനുഭവത്തെ നിഷേധിക്കുന്നില്ല അത് പ്രത്യേകിച്ചുള്ളൂ നൈരന്തര്യാനുഭവമുണ്ട് ഇവിടെ ഈ സ്ഥിരതയും നിഷേധിക്കുന്നില്ല രജിസർപ്പും സ്വപ്നം എല്ലാം അസ്ഥിരങ്ങളാണ് ഇവിടെ അങ്ങനെയല്ല ജാഗ്രത അത് അതിൽ നൈരന്തര്യമുണ്ട് ഇതിൽ സ്ഥിരതയുണ്ട് ഇതെല്ലാം ഇങ്ങനെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥമല്ല അതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും പറയുന്നത് മുമ്പും പലതവണ ഇത് വന്നിട്ടുണ്ട് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ആ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇത് കൂടുതൽ എന്താണ് നമ്മളെ ബോധിപ്പിക്കുന്നതെന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെ ചില വിശേഷാംശങ്ങളെടുത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് ദൃഷ്ടാന്തത്തിലൂടെയും എന്താണ് ദയാഭാസം ഈഹക രൂപത്തിലുള്ള ഈ അനുഭവം ഇത് കേവലം മനസ്സിന്റെ സ്പന്ദനം മാത്രമാണ് മനസ്സിന്റെ സ്പന്ദനമെന്നോ അല്ലെങ്കിൽ മനസിന്റെ പ്രതീതിയെന്നോ അതുമല്ലെങ്കിൽ വാസിഷ്ടത്തിനും മറ്റും പറയുന്ന പോലെ മനസ്സിന്റെ ഒരു വിലാസം എന്നോ അതുമല്ലെങ്കിൽ കേവലമായ അനുഭവമെന്ന് പറയാം പ്രപഞ്ചം ഒരു അനുഭവമാണെന്നുള്ള കാര്യത്തിന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഇതിന് അനുഭവം മാത്രമാണ് രുത്തിക്കോ അനുഭവത്തിനോ നിഷേധിക്കാൻ പറ്റിയൊരു കാര്യമല്ലേ ഇത് അനുഭവം ആണോ അതിൽ ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു എന്താണ് ഇത് പരമാർത്ഥമായ അനുഭവമല്ലോ ഇത് പരമാർത്ഥമായ അനുഭവമായിരുന്നെങ്കിൽ സ്വപ്നവും പരമാർത്ഥമായ അനുഭവമായിരിക്കേണ്ടതാണ് അതിനകത്ത് പരമാർത്ഥമല്ല എന്ന് സ്വ ബോധിക്കാൻ പറ്റും അവിടുത്തെ ആ ഭാവത്തെ വിട്ടിട്ട് അവിടുത്തെ അഹന്തയെ വിട്ടിട്ട് ഞാൻ അറിയുന്നവനെന്നുള്ള ആ ഭാവത്തെ വിട്ടിട്ട് ഈ ഉണർവിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഉണർവ് എങ്ങനെയുള്ള ഉണർവ് അതിനെ അപേക്ഷിച്ച് സ്ഥിരമായും നൈരന്തര്യമായും അനുഭവപ്പെടുന്ന ഒരു ഉണർവ് ഒരു ജാഗ്രതത്തിന് വേറൊരു ജാഗ്രതനോട് ബന്ധിപ്പിച്ചുകൊണ്ടുപോകുന്ന ഈ ഉണർവ് അതാണ് ഇതിന്റെ നൈരന്തര്യം സ്വപ്നത്തിന് നമുക്കത് കിട്ടുന്നില്ല നമുക്ക് ഇന്ന് വരെയുള്ള സ്വപ്നങ്ങളെയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല അതിന് നൈരന്തര്യം ഒരു സ്വപ്നത്തിനകത്ത് നൈരന്തര്യം വരാം പക്ഷെ ഒരു സ്വപ്നവും മറ്റു സ്വപ്നവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും ജാഗ്രത എങ്ങനെയല്ല അതിനെ ബന്ധിപ്പിക്കാം ഇന്നലെ ഇന്നും നാളെ ഇന്ന് ബന്ധിപ്പിക്കാം അതിന്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് സത്യമായി അനുഭവപ്പെടുന്നത് സ്വപ്നത്തിനകത്ത് അതിന്റേതായ നൈരന്തിരി അവിടെയുണ്ട് സ്വപ്നത്തിന് നമുക്ക് അനുഭവപ്പെടാം ഇന്നലെ ഇന്നും നാളെ അതുകൊണ്ടാണ് അവിടെ അത് നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നത് അവിടെ നമുക്കത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കാനേ കഴിയുന്നില്ല ജാഗ്രതയിലങ്ങനെയല്ല നമുക്കത് അസത്യമാണെന്നിവിടെ ബോധിക്കാൻ കഴിയും അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു ഇതിന്റെ അസ്ഥിരതയെ നമുക്ക് വ്യക്തമാക്കി തരുന്നു പറയുന്നു എന്താണോ ഇവിടെയും ഉണ്ടല്ലോ പരാജാഗ്ര അതാണ് പരമാർത്ഥ വിജ്ഞപ്തി ഇവിടെ ആചാര്യൻ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കും നമ്മളെ ഉണർത്താൻ ശ്രമിക്കുക ഈ ജാഗ്രതത്തിലെ ണർത്താൻ ശ്രമിക്കുന്നു സ്വപ്നത്തിൽ നമുക്കറിയാം അവിടെ ഒരു ഉറക്കമുണ്ടായിരുന്നു ആ ഉറക്കത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്വപ്നത്തെ കാണുന്നത് നമ്മുടെ അനുഭവം എങ്ങനെയാണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന സ്വപ്നത്തെ നമുക്ക് കാണിച്ചു തന്ന ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു പക്ഷെ ജാഗ്രത നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ കഴിഞ്ഞു അതാണ് പ്രശ്നം അതുകൊണ്ടിത് സത്യമായി അനുഭവപ്പെടുന്നു സ്വപ്നം ആ ഉറക്കത്തിൽ നിന്ന് ഉണരാത്തത് കൊണ്ടാണ് സ്വപ്നം കാണുന്ന സമയത്തല്ലാതെ നമുക്ക് അത് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഉറക്കം തുടരുന്നിടത്തോളം കാലം സ്വപ്നം സത്യം തന്നെ ഏത് വലിയ വിദഗ്ധനായാലും പണ്ഡിതനായാലും അവിടെ അത് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ജാഗ്രത്തിലേക്ക് വന്നപ്പോഴോ ഈ ജാഗ്രതത്തിന് നിലനിർത്തുന്ന ഒരു ഉറക്കം ഇവിടെയും തുടരുന്നു അതുകൊണ്ടിവിടെ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കണമെങ്കിൽ ഇവിടത്തെ ഉറക്കത്തിൽ നിന്ന് ഉണരണം ഉണർന്നിരുന്നു ഉറങ്ങുന്ന ഈ അവസ്ഥ മാറണം അതിനുള്ള പറഞ്ഞത് പരമാർത്ഥ വിജ്ഞപ്തിയ ആത്മരൂപേണ അവാക്ഷ്യമാണ് എന്താണ് ഇത് ഞാൻ ഈ ഗ്രാഹകനും ഈ ഗ്രാഹ്യവും രണ്ടും ഒരുപോലെ പരമാർത്ഥമല്ല ആ സ്വപ്നം പോലെ ഈ പറയുന്ന കാര്യത്തിൽ യുക്തിക്കോ അനുഭവത്തിനോ വിരോധമുള്ള ഒരു കാര്യവുമില്ല തഥാ തദ്വ ജാഗ്ര ജാഗ്രത സ്പന്ത ജാഗ്രാഹകരും ഗ്രാഹ്യവും സാറിന് നമ്മൾ സാങ്കേതികമായി തൃപുടി എന്ന് പറയും അറിയുന്നവൻ അറിയപ്പെടുന്ന വിഷയം അറിയു ഇതിന് ഇവിടെ അങ്ങനെ പറയുന്നെന്താ ചെ ഇവിടെ രണ്ടെന്നേ പറയുന്നു റിയുന്നവനും അറിയപ്പെടുന്നവയും മൂന്നാമത്തെ ഒന്നിനെന്താ പറയാത്തത് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞെന്തുകൊണ്ടാണോ ഇത് രണ്ടും ആ ഒന്ന് തന്നെ അറിവ് തന്നെ ഇത് രണ്ടും മനസ്സ് തന്നെ മനസ്സ് തന്നെയാണ് അറിവെന്ന് പറയുന്നു മനസ്സിനെ തന്നെ ആ മനസ്സ് തന്നെ അറിയുന്നവനായി നിൽക്കുന്നു മനസ്സ് തന്നെ അറിയപ്പെടുന്നതായി നിൽക്കുന്നു അപ്പോൾ മനസ്സിൽ നിന്ന് വേറിട്ട് പിന്നെ ഒരു അറിവിനെ എടുത്തു കാണിക്കാനില്ല കാരണം ഞാനെന്നുള്ള ഇതൊരറിവാണ് ഞാനറിയുന്നതോ അതും അറിവ് തന്നെ അതിൻ്റെ കൂടെ ഗ്രാഹ്യമൊന്നും ഗ്രാഹകനെന്നുള്ള രണ്ട് ശബ്ദത്തിൽ പറയും എന്റെ അത് ശരിക്കും വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അതിനോട് തരമ്യപ്പെടുത്തി ഈ ജാഗ്രത അനുഭവം മനസ്സിലാവും രണ്ടിനെ എങ്ങനെ മനസ്സിലാക്കുന്നു ഇത് രണ്ടും മനസ്സിന്റെ സ്പന്ദനമാണ് ഞാൻ ഉൾപ്പെടെയുള്ള സർവ്വ അനുഭവങ്ങളും മനസ്സിന്റെ സ്പന്ദനമാണ് മനസ്സിന്റെ സ്പന്ദനം എന്ന് പറയുമ്പോ മനസ്സെന്താണ് ആ തുരിയൻ തന്നെ ആ തുരിയൻ തന്നെ മനോരൂപത്തിൽ സ്പന്ദിക്കുന്നതാണ് അപ്പൊ മനസ്സെന്തായി പറഞ്ഞു അത് സത്ത് തന്നെ ആ തുര്യൻ തന്നെയാണ് മനസ്സ് അവിടെ നമുക്ക് പ്രതീതമാകുന്ന എല്ലാ വൈവിധ്യങ്ങൾക്കും മായ എന്നുള്ള ഒരു ശബ്ദത്തിലൂടെ ഇവിടെ പരിഹാരം നിർദ്ദേശിച്ചിരിക്കുകയാണ് എവിടെയാണോ നിങ്ങൾക്ക് വൈഷമ്യം അനുഭവപ്പെടുന്നത് അവിടെ മനസ്സിലാക്കുക ആ വൈഷമ്യത്തിന് കാരണമായിരിക്കുന്ന ആ അവസ്ഥയാണ് മായ എന്ന് പറയുന്നത് അതൊരവസ്ഥാവിശേഷമാണ് അതിനധീനമായിരിക്കുന്ന ഈ അവസ്ഥയിൽ അതാണ് ഈ വൈഷമ്യത്തെല്ലാം ഉണ്ടാക്കുന്നത് യാസംയാസം മനഃസ്വപന സംശയാ അദ്വയം ദയാഭാസം സംശയാ രുചിരൂപേണ സർപ്പവ പരമാർത്ഥത ആത്മരൂപേണ അദ്വയം സത് ദയാസം മനഃ സ്വപ്ന മനസ്സിനെ കുറിച്ച് പറയുകയാണ് ആ മനസ്സെന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ പരമാർത്ഥം തന്നെ അത് തന്നെയാണ് സത്ത് അതിനെ ഓരോ അവസ്ഥക്കനുസരിച്ച് ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഈശ്വരനെന്നോ എല്ലാം വിളിക്കാം അവസാനം മനസ്സിനെ തന്നെ ഇവിടെ ഈശ്വരനാക്കിയിരിക്കുകയാണ് അതിനെ തന്നെയാണ് ഇവിടെ അദ്വൈതമെന്ന് പറയുന്നത് അദ്ദേഹം എല്ലാം ഈ മനസ്സ് തന്നെ സാധാരണ ലൗകികമായി ചിന്തിച്ചാലും എന്താണോ സർവവും മനസ്സ് തന്നെ നമ്മൾ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈശ്വരനുണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും സർവവും ഈ മനസ്സിന്റെ പ്രകൃതികളാണ് മനസ്സെല്ലാം ഇവിടെ മറ്റെന്താ ഉള്ളത് ലൗകികനായാലും ആത്മീയവാദിയായാലും ഈശ്വരനെ അംഗീകരിച്ചാലും നിഷേധിച്ചാലും ഇതെല്ലാം എന്താണ് മനസ്സിന്റെ വിക്രിയകളാണ് മനസ്സാണ് പരമാർത്ഥമായിട്ടുള്ളത് എല്ലാം മനസ്സിന്റെ ജാലങ്ങളാണ് അതിന്റെ വാസ്തവസ്ഥിതി ഇവിടെ ബോധിപ്പിക്കുന്നു നിങ്ങൾ ആരായിരുന്നാലും ശരി നിങ്ങൾക്ക് മനസ്സായിരിക്കാനേ പറ്റും മറ്റൊന്നും ആയിരിക്കാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ ബോധിപ്പിക്കുന്നത് എന്താണ് അങ്ങനെ എല്ലാമായിരിക്കുന്നത് ഈ മനസ്സ് അതെന്താണ് ഒന്നിന് മാത്രമേ എല്ലാമായിരിക്കാൻ പറ്റൂ മറ്റൊന്നിനും എല്ലാമായിരിക്കാൻ പറ്റത്തില്ല മറ്റുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ എല്ലാമായിരിക്കാൻ പറ്റത്തില്ല ഒന്നിനെല്ലാമായിരിക്കാൻ കഴിയുമെങ്കിൽ അത് എന്താണ് ആത്മരൂപേണ അദ്വയം ആത്മരൂപത്തിൽ അദ്വയമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവാണ് ഈ മനോരൂപത്തിൽ പ്രകടമായിരിക്കുന്നത് ഇത് നമ്മൾ വേറെതിരിക്കരുത് ആത്മാവ് വേറെ മനസ്സ് വേറെ എന്ന് വേർതിരിക്കേണ്ട വേർതിരിച്ചാൽ അതാണ് ദ്വൈതം അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ തട്ടിക്കുന്നിടത്താണ് നമുക്ക് ഭ്രാന്തി ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നു മനദ്വയാസം മനഃ സ്വപ്ന എന്ന സംശയ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വപ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നമുക്ക് പറയാം നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്താണ് ഈ കാണുന്ന സ്ഥൂലവും വ്യക്തവും സ്ഥിരവും നിരന്തരവുമായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കൾ ഇതെല്ലാം എങ്ങനെ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന മനസ്സാവും ഇതിവിടെ വ്യക്തി കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിന്റെ ഭേദം നമ്മൾ പ്രത്യക്ഷമായി അറിയുന്നത് കൊണ്ടാണ് മനസ്സിന് ഉള്ളിലറിയുന്നു വസ്തുക്കളെ പുറമെ അറിയുന്നു മനസ്സ് വരുന്നതായും പോകുന്നതായും അറിയുന്നു ഉണ്ടാകുന്നതായും നശിക്കാവുന്നതായിട്ടും അറിയുന്നു ബാഹ്യമായുള്ളതെല്ലാം സ്ഥിരമായിരിക്കും ഇതെല്ലാം മനസ്സാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനസ്സ് നമുക്ക് ക്ഷണമായി ക്ഷണം കൊണ്ട് പരിവർത്തനം വരുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഓരോ ക്ഷണവും അത് വിഭിന്ന ഭാവത്തിലിരിക്കുന്നു പുറമെ അങ്ങനെയല്ല പലത് സ്ഥായിയായിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു നമ്മൾ കരുതുന്നു നമ്മുടെ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് മുമ്പും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആകാശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ സ്ഥിരതയെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അനുമാനിക്കേ മനസ്സങ്ങനെ ണികമായ അസ്ഥിരമായ മനസ്സ് തന്നെയാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിന് നിരക്കുന്നതാകാം അതുകൊണ്ട് പറയുന്നു ഇത് നിങ്ങളുടെ അനുഭവത്തിന് നിരക്കുന്നതാക്കാം സ്വപ്നത്തിലേക്ക് പോവുക അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ശരി അവിടെ മനസ്സ് ഉണ്ടോ മനസ്സില്ലായെന്നാർക്കും പറയാൻ പറ്റത്തില്ല മനസ്സവിടെ ഉണ്ടായിരുന്നു അവിടെയെല്ലാം അറിഞ്ഞതും മനസ്സ് തന്നെയാണ് അവിടെ മനസ്സുണ്ടെങ്കിൽ അവിടെ വെച്ച് മനസ്സിന്റെ സവിശേഷതയെ മനസ്സിലാക്കാം എന്താണ് അവിടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അന്യമായിട്ട് എന്തിനെങ്കിലും നിങ്ങൾ കണ്ടോ അവിടെയും നിങ്ങൾ സ്ഥൂലമായ വസ്തുക്കളെ കണ്ടു സ്ഥിരമായ വസ്തുക്കളെ കണ്ടു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഹിമാലയത്തെയും എല്ലാം അവിടെ കണ്ടു മനസ്സിന് പുറത്തെന്തിനെങ്കിലും കണ്ടോ അതേ മനസ്സ് തന്നെയാണോ കണ്ടത് അവിടെ നമ്മൾ പറയും മനസ്സ് തന്നെയാണ് കണ്ടത് മനസ്സ് തന്നെയാണ് അവിടെ എല്ലാമായി മാറിയത് ശ്രുതി പറയും ഋഷിയും പറയും എന്താണ് രഥവും രഥത്തിൽ കെട്ടിയിരുന്ന കുതിരകളും രഥമോടിയ വഴിയും എല്ലാം അവിടെ മനസ്സ് തന്നെയായിരുന്നു ചിന്തിച്ചിട്ട് പറയുന്നതാണ് ഓരോ കാര്യം സമ്മതിക്കാമല്ലോ മനസ്സിന് അങ്ങനെ ഒരു ശക്തിവിശേഷമുണ്ട് അങ്ങനെ സർവവുമായി മാറുന്നതിനുള്ള ശക്തി വിശേഷം മനസ്സിനുണ്ട് അങ്ങനെ മനസ്സിനൊരു സവിശേഷത ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മനസ്സാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മനസ്സിനും അങ്ങനെ എല്ലാമായും മാറുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂട അവിടെ ഒരു പ്രയാസം വരുന്ന അതാണ് എന്താണോ അത് അംഗീകരിക്കേണ്ടവനായി നിൽക്കുന്നതും മനസ്സാണതാണ് ഇതെല്ലാം മനസ്സിൽ അംഗീകരിക്കേണ്ടതായിരുന്നു അവനും മനസ്സാണതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് അംഗീകരിക്കേണ്ടവനെ മാറി നിന്ന് കാണാൻ കഴിയുന്നില്ല മാറി നിന്ന് കണ്ടാൽ ബോധ്യപ്പെടുന്നതാണ് മനസ്സ് തന്നെയാണ് അവിടെ എങ്ങനെയാണോ മനസ്സ് സർവവുമായി മാറിയത് ഇവിടെയും മനസ്സ് തന്നെ സർവവുമായി മാറിയിരിക്കുന്നു മനസ്സിനെവിടെ നീ കഴി കിട്ടി കാരണം ആ മനസ്സ് അതാണ് പരമാർത്ഥസത്ത് അത് പരമാർത്ഥമായ ഏകമായ അദ്വേയമായ സത്യമായതുകൊണ്ട് അതിന് ഏകനായിരിക്കുന്നത് തന്നെ പലതായിരിക്കാനും കഴിയും ഒന്നായിരിക്കുന്നത് തന്നെ അത് നാനാ വസ്തുക്കളായും അതിന് മാറാം അതിനുവേണ്ടി ഇവിടെ പറയുന്നു മനസ്സ്വപ്നേ സ്വപ്നത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്നാൽ സംശയ ജാഗ്രത ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് പക്ഷെ സ്വപ്നത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല എന്നാലും ചോദിക്കും എന്നാലും ഇത് സ്വപ്നം പോലെയാണ് ഈ ജാഗ്രതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അത് ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം ആത്മനിഷ്ഠമായി ചിന്തിക്കും അകമുഖമായി അറിഞ്ഞാലേ അത് തിരിച്ചറിയത്തും ബഹിർമുഖമായി ചിന്തിച്ചാൽ ഇത് രണ്ട് രണ്ടായി തന്നെ നീക്കും ഇതിനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും നമ്മൾ ബഹുർമുഖമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ശീലമേ നമുക്കുള്ളൂ ബഹുർമുഖമായി ചിന്തിച്ചിട്ട് ഇതിന്റെ സത്യത്തെ പുറമേ കണ്ടെത്താൻ പറ്റത്തില്ല അന്തർമുഖമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വെളിപ്പെടു എന്തുകൊണ്ട് അതാണ് മനസിന്റെ പ്രത്യേകത കാരണം അവൻ സ്ഥിതി ചെയ്യുന്ന ഉള്ളിലാണ് പുറമേ അവൻ തന്നെ തൻ ഉണ്ണിനെയും പുറമേ ശിക്ഷിച്ചിരിക്കുകയാണ് അതിൽ അന്തർമുഖമാകണം മനസ്സിലന്തർമുഖമാകണം അന്തർമുഖമാകുമ്പോൾ ഈ പറയുന്നത് പരമാർത്ഥമാണെന്ന് ബോധ്യപ്പെടും എങ്ങനെയാണ് ഈ സ്വപ്ന ഹസ്ത്യാദിഗ്രാഹ്യം തദ്ഗ്രാഹകന്മാർ രക്ഷിതാദി ദ്വയം വിജ്ഞാനം ബെതിരയുകയാണ് അസ്ഥി ആ മനസ്സിലെ അവിജ്ഞാനം മനസ്സിനെ തന്നെ വിജ്ഞാനം എന്ന് പറയുന്നത് അതിൽ നിന്ന് സ്വപ്നത്തിൽ ഹസ്തികാദികൾ അവിടെ ഇല്ല അനിയും കുതിരയുമൊന്നുമില്ല തദ്ഗ്രാഹകം അതിനെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾ അതിനെ ഗ്രഹിക്കുന്ന മനസ്സ് ഇതൊന്നും വേറെ വേറെ അവിടെ നിലനിൽക്കുന്നില്ല ആ മനസ്സിനെ കൊണ്ടാണ് ഇപ്പോഴും ചിന്തിക്കേണ്ടത് അവിടെ നശിച്ചിട്ട് ഇവിടെ വീണ്ടും ജീവിച്ച മനസ്സ് ആ മനസ്സിനെ കൊണ്ടാണിത് തിരിച്ചറിയേണ്ടത് ശക്ഷുരാതിഥ്യം ഗ്രാഹ്യവും ഗ്രാഹകനും ഇവിടെ ഇല്ലെങ്കിൽ വിജ്ഞാനം വെതിരയുകയാണ് ആ മനസ്സിൽ നിന്ന് വെതിരെ വേറിട്ടവിടെ ഇല്ലെങ്കിൽ ഇവിടെയും അതേ മനസ്സിൽ നിന്നും അവിടെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന മനസ്സ് അവിടെ കണ്ടതുപോലെ വിഷയങ്ങളെ കാണുന്ന മനസ്സ് അവിടെ എങ്ങനെയാണോ ഞാനെന്നറിഞ്ഞത് അതുപോലെ ഇവിടെയും ഞാനെന്നറിയുന്ന മനസ്സ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അത് മനസ്സാണ് ഇതും മനസ്സാണെന്നുള്ള എല്ലാവർക്കും തർക്കമില്ല ജാഗ്രതത്തിൽ മനസ്സ് സ്വപ്നത്തിൽ വേറെന്തോ ആയിരുന്നു എന്നാർക്കും പറയാൻ കഴിയില്ല സ്വപ്നത്തിനും മനസ്സാണ് ജാഗ്രതത്തിനും മനസ്സാണ് എന്നും മനസ്സിന്റെ തരത്തിൽ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് വിജ്ഞാനം വ്യതിരീണ നസ്തി ആ മനസ്സിൽ നിന്ന് അന്യമായി ഒന്നിനെയും നിങ്ങൾക്കറിയാൻ കഴിയില്ല അനുഭവിക്കാൻ കഴിയത്തില്ല ജാഗ്രത ജാഗ്രതയും മനസ്സിന്റെ തലത്തിൽ ചിന്തിക്കുക ബഹിർമുഖമായി സ്ഥൂലമായ വത്തുക്കളുടെ നിലയിൽ ചിന്തിക്കുക നമുക്ക് തോന്നും അത് വേറെ ഇത് വേറെ എന്ന് തോന്നും അന്തർമുഖമായും മനസ്സിന്റെ തലത്തിൽ ഗ്രഹിക്കുക പരമാർത്ഥ സത് വിജ്ഞാനം മാത്ര അവിശേഷ ഒരു കാര്യം മനസ്സിലാകും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സ്വപ്നമായാലും ശരി ജാഗ്രതയായാലും ശരി ഇവിടെ രണ്ടിനെയും ഇവിടെ രണ്ട് സ്ഥലത്തും ഒരേ വിജ്ഞാനമാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാമല്ലോ അവിടെ എല്ലാം മാറിപ്പോയി അവിടെ മാറാത്ത ഒന്നുണ്ടായിരുന്നു ആ മനസ്സാ വിജ്ഞാനം സ്വപ്നത്തിൽ വിജ്ഞാനം ഇല്ലായിരുന്നു എന്നാർക്കും പറയാൻ നിവൃത്തിയില്ല ആ വിജ്ഞാനത്തിൽ അനേക പ്രതീതികളുണ്ടായി ആ പ്രതീതികളെല്ലാം നഷ്ടപ്പെട്ടു ആ സ്വപ്നത്തിന്റെ ഉണർവ് ആ ഉണർവ് തന്നെയാണ് ജാഗ്രതത്തിനും തുടരുന്നത് നമ്മൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഒന്നെന്താണ് നമ്മൾ സ്വപ്നത്തെ വിട്ട് ജാഗ്രത്തിലേക്ക് വന്നു പരമാർത്ഥത്തിന്റെ അത് ശരിയല്ല സ്വപ്നത്തെ വിട്ട് നമ്മൾ ജാഗ്രതത്തിലേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ട് സ്വപ്നത്തിനും ആ വിജ്ഞാനം തന്നെ ജാഗ്രതത്തിനും ആ വിജ്ഞാനം തന്നെയാണ് പിന്നെ എന്തിനാണ് വിട്ടത് സ്വപ്നത്തിലെ അനേക പ്രതീതികളെ നമ്മൾ കിട്ടും ജാഗ്രത നമുക്ക് പുതിയ പ്രതീതികളുണ്ടായി സ്വപ്നവും ജാഗ്രതും വാസ്തവത്തിൽ എടുത്തിരിക്കാൻ വയ്യാത്ത ഏകമായ വിജ്ഞപ്തി മാത്രമാണ് എന്ന് പറയുന്നു പരമാർത്ഥ സദ്വിജ്ഞാനം അന്തർമുഖമായി ചിന്തിക്കുമ്പോൾ അത് വ്യക്തമാകും രണ്ടിടത്തും ഒരേ വിജ്ഞാനം തന്നെ ആ വിജ്ഞാനം എങ്ങനെയുള്ളത് ഉദയ അസ്തമയങ്ങൾ ഇല്ലാത്ത വിജ്ഞാനം അവിടെ വരുന്ന ഉദയ അസ്തമയങ്ങളെയാണ് നമ്മളാ നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് അതിനെ നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വപ്നം വേറെ ജാഗ്രത വേറെ ഇല്ല അതുതന്നെയാണ് സുഷിച്ച് ചെറിയ ചോദിക്കെന്താണ് ഞാൻ ഇക്കുറക്കമുണ്ടോ ഞാനീ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് ചോദിക്കും തത്വജ്ഞാനത്തിന് അനുഭവം എന്തായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ദ്വൈത പ്രതീതിക്കനുസരിച്ചാണ് നമുക്കിവിടെ എന്താണ് ദ്വൈതം വേറെ വേറെയുണ്ട് ജാഗ്രത വേറെ സ്വപ്നം വേറെ സുഷുപ്തി വേറെ വേറെ വേറെയുണ്ട് മൂന്നവസ്ഥയോ ആറവസ്ഥയോ അല്ലെങ്കിൽ അനന്തമായ അവസ്ഥകളേ ഉണ്ട് അദ്വൈത എന്താണ് ഇവിടെ ഏകമായ വിജ്ഞപ്തി മാത്രം ആ വിജ്ഞപ്തിയിൽ ജാഗ്രത വരാം സ്വപ്നം വരാം മായ വിജ്ഞപ്തിക്ക് മാത്ര ആ വിജ്ഞപ്തിയിൽ എല്ലാം അഭേദമായി അടങ്ങിയിരിക്കുകയാണ് അജ്ഞന്റേതുപോലെ ഒരു ജാഗ്രത ഒരു സ്വപ്നം ഒരു സൃഷ്ടി ഇങ്ങനെ വേറിട്ടു നിൽക്കുന്ന ഭിന്നമായി നിൽക്കുന്ന അവസ്ഥകളില്ല ഒരു വിജ്ഞപ്തിയിൽ അഭേദമായി എല്ലാം അടങ്ങിയിരിക്കുക അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എങ്ങനെയാണ് ണർന്നിരിക്കുന്നു അതാണിവിടെ പറയുന്നു പരമാർത്ഥ സദ്വിജ്ഞാനം മാത്രം ജാഗ്രത എന്ന് പറഞ്ഞാലും സ്വപ്നം എന്ന് പറഞ്ഞാലും ഏകമായ വിജ്ഞാനം മാത്രം അതങ്ങനെ അലകളില്ലാത്ത കടലുകൾ അതിന്റെ അലകളാണ് ജാഗ്രത സ്വപ്നവും സുഹൃത്തി എന്നെല്ലാം നമ്മൾ വേറിട്ടറിയുന്നു അലകളെല്ലാം അടങ്ങിയാലോ ഏകമായോ ജലം മാത്രം അതുപോലെ പരമാർത്ഥ സത് വിജ്ഞാനം മാത്രം ഇക്കാര്യത്തിൽ ഇവിടെ പറയുന്നു സംശയ ആചാര്യനൊരു സംശയം ബോധിപ്പിക്കുന്ന ഒരു സംശയമില്ല എന്നാണ് പറയുന്നത് മനസ്സ്വപ്ന എന്ന സംശയം സംശയ भावे, ദ്വൈതം സചരാചരം ഈ ദ്വൈതത്തിന്റെ തലത്തിൽ നിന്ന് അദ്വൈതത്തിന്റെ തലത്തിൽ എങ്ങനെ എത്തിച്ചേരുന്നതെന്നാണ് അടുത്ത് പറയുന്നത്